പ്രപഞ്ചോശോ ഓങ്കാര ആത്മേവ സംവിശതി ആത്മന ആത്മാനം വേദ അലാധാന്തി പ്രകടനത്തിൽ നാല്പത്തി അമ്പത്തിനാല്വംന്ന് ചിത്തജാധ്രഹ്മ ഥോക്ോ ഹേതുഭ്യാത്മവിജ്ഞാനൂപമേ ചിത്തം ചിത്രജാ ബാഹ്യധർമ്മം വിജ്ഞാനസ്വരൂപാഭാസമാത്രത്വ സർവധർമാണേഥോക്തേഭ്യോ ഹേതിഭ്യോ നമ്മു പറഞ്ഞു ഒരു ദ്രവ്യം ഒരു വസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ മറ്റൊന്നിൻ്റെ കാരണമായി കാണുന്നു പക്ഷേ ചിത്രം അല്ലെങ്കിൽ വിജ്ഞപ്തി അത് ഒന്നിൻ്റെയും കാരണമല്ല ഒന്നിൻ്റെയും കാര്യവുമല്ല കാരണം അതൊരു വസ്തുവല്ലം ിതുവരെ പറഞ്ഞ കാരണങ്ങളനുസരിച്ച് ചിത്രത്തിന് പരസ്പരം കാര്യകാരണം ഭാവസ്വീകരിക്കാൻ കഴിയത്തില്ല കാരണം അത് ഭേദമില്ല ചിത്തം ഏകമാണ് അജം ഏകം ആത്മതത്വം എന്ന് പറഞ്ഞു ും അജവും ഏകവുമാണ് അജവും ഏകവുമായിരിക്കുന്ന അതിന് എങ്ങനെ കാര്യകാരണഭാവത്തിൽ വരാൻ പറ്റും കാര്യകാരണഭാവം വരണമെങ്കിൽ രണ്ടെണ്ണം വേണം ഏകത്തിൽ അത് സാധ്യമല്ല അനേദോ ഉക്തേഭ്യോ ഹേതുഭ്യാന്ന് പറഞ്ഞ ഹേതുക്കൾ അനുസരിച്ച് ആത്മവിജ്ഞാന സ്വരൂപമേവ ചിത്തം ആത്മവിജ്ഞാന സ്വരൂപം എന്ന് വെച്ചാൽ ആത്മസ്വരൂപ വിജ്ഞാനം ചിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന അർത്ഥം ഇവിടെ എടുക്കേണ്ടത് ആത്മസ്വരൂപമായിരിക്കുന്ന വിജ്ഞാനം ആത്മാവെന്ന് പറയുന്നത് വിജ്ഞാനമാണ് അതിനെ തന്നെയാണ് ഇവിടെ ചിത്തം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ജീവാത്മ പരമാത്മ തുടങ്ങിയ ചിന്തകളൊന്നും ഇവിടെയില്ല അങ്ങനെയുള്ള ഭേദമോ അഭേദമോ ഒന്നുമില്ല ഇവിടെ ഇവിടെ കേവലം വിജ്ഞാനം അതുതന്നെയാണ് ചിത്തം വിജ്ഞാനത്തിൽ വേറിട്ടൊരു ചിത്തമില്ല ചിത്തം മനസ്സ് ബുദ്ധി അങ്ങനെയൊന്നും വേറിട്ടില്ല ഒന്നേയുള്ള വിജ്ഞാനം എന്താണ് വിജ്ഞാനം സർവപ്രതീതികളും എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് വിജ്ഞാനം ജ്ഞാനത്തിന് നമ്മൾ ദേശഭേദം കൽപ്പിക്കുന്നു ഒന്നകം മറ്റൊന്ന് പുറം അന്തർദി രണ്ടായി കൽപ്പിക്കുന്നു കൊള്ളും പുറവും ദേശത്തെ കൽപ്പിക്കുന്ന വിജ്ഞാനം അപ്പോൾ എന്നിട്ട് കരുതുന്നു വസ്തുക്കൾ പുറത്ത് വിജ്ഞാനം ഉള്ളിൽ എന്ന് കൽപ്പിക്കുന്നു ഇത് ചിത്രത്തിൽ വരുന്ന വിജ്ഞാനത്തിൽ വരുന്ന കേവലം കൽപ്പനയാണ് അങ്ങനെ കൽപ്പിച്ചിട്ട് എന്ന് പറയുന്നു പുറമേ ബാഹ്യധർമ്മ എന്നുള്ളത് ചിത്തജ അങ്ങനെ ചെന്ന് ഈ പുറമേ കാണുന്ന ഇതെല്ലാം ചിത്തജ ഉള്ളിലുള്ള ഈ ചിത്രത്തിൽ നിന്നും ഉണ്ടായതാണ് അങ്ങനെ ചിലത് പറയുന്നു ബൗദ്ധന്മാരും മറ്റും അങ്ങനെ പറയുന്നു ചിത്രത്തിൽ നിന്ന് സർവുമുണ്ടായി അദ്വൈതവും എന്താണെന്ന് പൂർണമായി മനസ്സിലാക്കാതെ ആണെങ്കിൽ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക ചെലവ് പറയും എന്താണോ എല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ് സൃഷ്ടിയാണ് അങ്ങനെ പറയണമെങ്കിൽ എന്തുവേണ ആദ്യം ഈ ചിത്രത്തെ തന്നെ ബാഹ്യത്തെ കൽപ്പിക്കണം അവിടെ വസ്തുക്കളെ കല്പിക്കണം ആ വസ്തുക്കൾ ചിത്തത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് സാഹചര്യം പറഞ്ഞു വരുന്നതാണ് ഞാനിവിടെ നിഷേധിക്കുന്നത് ബാഹ്യധർമ്മങ്ങൾ ചിത്രത്തിന്റെ സൃഷ്ടിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് ശരിയല്ല എന്തുകൊണ്ടാണ് ഇവിടെ എങ്ങനെ പറയുന്നത് ഇവിടെ അജാതിയാണ് തീർച്ചയായും ഒരു തരത്തിലും സൃഷ്ടി ഇവിടെ സ്വീകരിക്കുന്നുണ്ട് ഇതെല്ലാം ചിത്രത്തിന്റെ സൃഷ്ടിയാണ് മനസ്സിന്റെ സൃഷ്ടിയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും പക്ഷെ എന്നാൽ പിന്നെ പലയിടത്തും അങ്ങനെ പറയുന്നതോ മനസിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നില്ല അദ്വൈത ഗ്രന്ഥങ്ങളിൽ തന്നെ പലയിടത്തും പറയുന്നുണ്ട് അതോ അതിന്റെ താല്പര്യം ജാതി അല്ലെങ്കിൽ ജന്മത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം ഇതെല്ലാം ചിത്രത്തിൽ പ്രതീതമാകുന്നു എന്നെയുത്തത്തിൽ എങ്ങനെ പ്രതീതമാകുന്നു ബാഹ്യമായി ഇത് നിലനിൽക്കുന്നത് പോലെ പ്രതീതമാകുന്നു ബാഹ്യമായി നിലനിൽക്കുന്നതുപോലെ എന്ന് പറഞ്ഞാലും ചിത്രത്തെ ആശ്രയിക്കാതെ ബാഹ്യമായി വസ്തുക്കൾ സ്വതന്ത്രമായി നിലനിൽക്കുന്നതുപോലെ പ്രതീതമാകുന്നു അങ്ങനെ അനുഭവപ്പെടും അതുകൊണ്ടാണ് ചിത്രം പദാർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് ചിലടത്ത് പറയുന്നു അത് സൃഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല കേവല പ്രതീതി എന്നുള്ള അർത്ഥത്തിലാണ് കേവല പ്രതീതി എന്ന് പറയുമ്പോൾ എന്താണോ അതിന്റെ താല്പര്യം എങ്ങനെയാണോ ബാഹ്യവസ്തുക്കൾ ചിത്തത്തിൽ പ്രതീതമാകുന്നത് അതുപോലെ അതിന്റെ സൃഷ്ടി സ്ഥിതി നാശമൂന്നും പ്രതീതി മാത്രം അവയ്ക്ക് വസ്തുസ്ഥിതിയല്ല വാസ്തവികമായ നിലനിൽപ്പ് അതിനല്ല അത് പരമാർത്ഥത്തിൽ ഉണ്ടാകുകയോ നിലനിൽക്കുകയോ നശിക്കുകയോ ചെയ്യുന്നുണ്ട് ഇനി അദ്വൈതത്തിൽ ഇങ്ങനെ പറയുന്നു ഭൗതികമായി ചിന്തിക്കുമ്പോ എന്ന് പറയുന്നു ബാഹ്യമായ ഭൗതികമായ വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നവരെന്താണ് പറയുന്നത് ബാഹ്യധർമ്മജൻ ചിത്തം ചിത്തബാഹ്യമായ വസ്തുക്കളിൽ നിന്നും ചിത്തം ഉണ്ടായി എന്ന് പറയുന്നു ചിത്തബാഹ്യമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള ബാഹ്യവസ്തുക്കൾ അതിനെ ആശ്രയിച്ചിട്ടാണ് ചിത്തമണ്ടായതെന്ന് പറയുന്നത് അത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു കാരണം ചാറിന പറയുന്നുണ്ടല്ലോ നമ്മുടെ തലച്ചോറ് ആ തലച്ചോറിൽ നിന്ന് മനസ്സുണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ബോധമുണ്ടായിന്ന് പറയുന്നു എന്റെ ബാഹ്യമായി വസ്തുക്കൾ എങ്ങനെയാണോ അങ്ങനെ ബോധം ഗ്രഹിക്കുന്നു ഒന്ന് തലച്ചോറിനെ ആശ്രയിച്ചുണ്ടായി അതതിന്റെ തുടക്കം അങ്ങനെ ഉണ്ടായിട്ട് ഭാഗ്യ വിഷയങ്ങളെ അതെങ്ങനെ ഗ്രഹിക്കുന്നു എങ്ങനെയാണോ വിഷയങ്ങൾ അതുപോലെ ആഗ്രഹിക്കുന്നു പുസ്തകത്തെ പുസ്തകമായി ആഗ്രഹിക്കുന്നു പേനെ പേന ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും വിഷയങ്ങളെ ആശ്രയിച്ചാണ് ചിത്തം സ്ഫുരിക്കുന്നത് ബോധം അതുകൊണ്ട് ആ ബോധസ്ഫുരണത്തിന് പ്രദീക്ഷണം മാറി വരുന്ന ബോധസ്ഫുരണത്തിന് ബാഹ്യമായ വിഷയങ്ങൾ കാരണമാണ് അതുകൊണ്ട് ബാഹ്യധർമ്മജം ചിത്തം രണ്ട് തരത്തിൽ ഒന്ന് നമ്മുടെ തെരച്ചുകളിൽ നിന്നുണ്ടായി ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിച്ച് അതിൽ പിന്നെ കൂടുതൽ ഉണ്ടാക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതും ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് ചിത്തത്തിൽ നിന്ന് ബാഹ്യമായ വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല ബാഹ്യമായ വിഷയങ്ങളെ ചിത്തബാഹ്യമായി എന്തും അതിനെ ആശ്രയിച്ച് ചിത്തമുണ്ടാകുന്നുമില്ല എന്തുകൊണ്ടിങ്ങനെ പറയുന്നു കാരണം എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജന്മത്തെ അത് ചിത്തം ഉണ്ടായെന്ന് പറഞ്ഞാലും ശരി ബാഹ്യപദാർത്ഥങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും ശരി ഇവിടെ ചിത്തത്തെ കുറിച്ച് എന്താ പറയുന്ന ജം ജനിക്കാത്തത് ജനിക്കാത്തതാണെങ്കിൽ അതിനെങ്കിലും ഉണ്ടാകും എന്തിനാശ്രയിച്ചുണ്ടാകും ഒന്നിനെ ആശ്രയിച്ചൊന്നും ഉണ്ടാകത്തില്ല കൊണ്ട് പറയുന്നത് നാവി ബാഹ്യധർമ്മജം ചിത്തം ബാഹ്യധർമ്മത്തെ ആശ്രയിച്ച് ചിത്രം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് വിജ്ഞാനസ്വരൂപ ആഭാസ മാത്രത്വ സർവധർമ്മങ്ങളും വിജ്ഞാനസ്വരൂപ ആഭാസ വിജ്ഞാനസ്വരൂപം തന്നെയാണ് സർവധർമ്മങ്ങളുമായി പ്രതീതമാകുന്നത് വിജ്ഞാനസ്വരൂപത്തിൽ നിന്ന് അതിരക്തമായി മറ്റൊന്നുമില്ല വിജ്ഞാനത്തിന്റെ ഭാനം തന്നെയാണ് വിജ്ഞാനത്തിന്റെ ഭാനമാണ് ധർമ്മങ്ങളായി പദാർത്ഥങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നത് സർവധർമ്മങ്ങളും അതുതന്നെയാണ് അപ്പോൾ വിജ്ഞാനത്തിനൊന്നും വ്യതിരിക്തമായി മറ്റൊന്നില്ലാത്തതുകൊണ്ട് പദാർത്ഥങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സൃഷ്ടിയുടെ ആവശ്യമുണ്ട് ഒന്ന് തന്നെ പലതായി കാണുമ്പോൾ അവിടെ സൃഷ്ടിയുടെ ആവശ്യം തോന്നുന്നു ഒരേ വിജ്ഞാനം തന്നെ ആനയായും കുതിരയായും എല്ലാം സ്വപ്നത്തിന് അനുഭവപ്പെടുമ്പോൾ അവിടെ എന്താ പദാർത്ഥ സൃഷ്ടി പദാർത്ഥ സൃഷ്ടിയുടെ ആവശ്യം തോന്നുന്നു അതിന്റെ ആവശ്യമുണ്ട് പ്രത്യേകിച്ചൊരു സിഷ്ടിയുടെ ആവശ്യമുണ്ട് വിജ്ഞാനത്തിന് അതിനുള്ള ശേഷിയുണ്ട് വിജ്ഞാനത്തിന് അതിനെ പലതായും പ്രതീതമാകാൻ കഴിയുന്നുണ്ട് അതിന്ന് വേറിട്ടല്ലാതെയുള്ള പലതായും അതിന് പ്രതീതമാകാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടിവിടെ പറയുന്നത് വിജ്ഞാനസ്വരൂപാഭാഷ മാത്രത്തോ അത് ആ ഭാഗമാണ് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥൂലമായും ബാഹ്യമായും അനുഭവപ്പെടുന്ന വസ്തുക്കൾ എങ്ങനെ വിജ്ഞാനത്തിന്റെ പ്രതീതി മാത്രമാകും അതൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചോദിച്ചാൽ പുറമെ ഇവിടെ ഒരു തൂണ് നിക്കുന്നു ഈ തൂണെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്റെ വിജ്ഞാനമാകുന്നു ഇതും മറ്റു പലരുടെയും പ്രവൃത്തി കൊണ്ടുണ്ടായതാണ് അതെങ്ങനെയാണ് എന്റെ വിജ്ഞാനമാകുന്നു അവിടെ നമ്മൾ നിഷേധിക്കുന്ന എന്താണ് ഇവിടെ നിഷേധിച്ച കാര്യത്തെയാണ് എന്റെ വിജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതിനാണ് നമ്മൾ നിഷേധിക്കുന്നത് അത് ഇവിടെ നിഷേധിക്കുന്നത് അങ്ങനെ കരുതുകയാണെങ്കിൽ തീർച്ചയായും എന്റെ വിജ്ഞാനത്തിന്റെ സൃഷ്ടിയല്ല അത് മനുഷ്യൻ പ്രയത്നിച്ചുണ്ടാക്കിയതാണ് അതിനെ നിഷേധിക്കുന്നു കരുതിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ല എന്റെ വിജ്ഞാനത്തിന്റെ സൃഷ്ടിയല്ല ശരിയാണ് ഇവിടെ അത് പറയുന്നത് നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ ഇത് വിജ്ഞാനം സൃഷ്ടിച്ചാലേ എന്നാണ് പറയുന്നത് പിന്നെന്താണ് ഇവിടെ പറയുന്നത് അത് വിജ്ഞാനസ്വരൂപത്തിന്റെ ആഭാസമാണ് വിജ്ഞാനസ്വരൂപത്തിന്റെ ആഭാസം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെ ധരിച്ചാലും ശരി അത് ഇന്ദ്രജാലമാണെന്ന് ധരിച്ചാലും ശരി അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ സൃഷ്ടിച്ചു ആണെന്ന് ധരിച്ചാലും ശരി അതിനെ സംബന്ധിച്ചുള്ള സർവ്വധാരണകളും നമ്മൾ കരുതുന്നു അനേക മനുഷ്യർ അനേക ദിവസങ്ങൾ പ്രവർത്തിച്ച് സൃഷ്ടിച്ചതാണത് എന്നല്ല നമ്മൾ അതിനെ സംബന്ധിച്ച് കരുതുന്നു അതിനെ സംബന്ധിച്ചുള്ള ഓരോ അംശത്തെയും നമ്മൾ ചിന്തിച്ചു നോക്കുക അതിന്റെ ൾ നിങ്ങളെ വീതി ഖനം തുളയകാര്യങ്ങൾ അതിൻ്റെ ധർമ്മങ്ങൾ നിറം തുളയകാര്യങ്ങൾ അതിൻ്റെ പരിമാണം അളവുകൾ പലതരത്തിലുള്ള അതിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന യത്നങ്ങൾ മനുഷ്യ യത്നം ഇങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ ധരിക്കുന്നു ഇതിനെയെല്ലാം ചേർത്ത് നമ്മളെന്താ പറയുന്നത് അതെല്ലാം അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവാണ് മാത്രമല്ല നമ്മൾ പറയുന്നു അത് പുറത്താണ് ബാഹ്യമാണെന്ന് പറയുന്നു ബാഹ്യമാണെന്ന് പറയുന്നത് എന്താ അതും ആ വസ്തുവിനെ അറിവാണ് ആ വസ്തുവിനെ സംബന്ധിച്ച് ഏതെല്ലാം തരത്തിൽ നമ്മൾ കൽപ്പിക്കുന്നു ദ്രവ്യ ഗുണകർമ്മങ്ങളായി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതെല്ലാം പരമാർത്ഥത്തിൽ എന്താണ് ഇതെല്ലാം അതിനെ അറിയുന്നവന്റെ അറിവാണ് അറിയുന്നവന്റെ അറിവിൽ നിന്ന് പ്പുറമായി അതിനെന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക അറിവിൽ നിന്ന് അന്യമായി എന്തെങ്കിലും അതിനെ കണ്ടെത്താൻ ശ്രമിക്കുക കണ്ടെത്താൻ കഴിയത്തില്ല കാരണം അവിടെ അറിവുണ്ടായിരിക്കും അറിവിൽ നിന്ന് അന്യമെന്ന് ചിന്തിച്ചാലും അവിടെ അറിവ് നമ്മൾ എന്ത് ചെയ്യുന്നു ബാഹ്യം ദ്രവ്യഗുണകർമ്മങ്ങൾ െല്ലാം അറിവുകൊണ്ടറിയുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചെല്ലാം നമ്മളിലുള്ള എന്താണ് കേവലമായ വിജ്ഞാനാഭാസം മാത്രമാണ് അപ്പൊ വിജ്ഞാനാഭാസത്തിൽ നിന്ന് ഒരു വസ്തുത വേർതിരിക്കാൻ കഴിയില്ല കാരണം അത് ചെയ്യേണ്ടത് വിജ്ഞാനത്തിന് ഒരിക്കലും കഴിയത്തില്ല എന്തു തന്നെയാലും ശരി അത് വിജ്ഞാനത്തിലെ പ്രകാശിക്കത്തുള്ളു വിജ്ഞാനത്തിന്റെ ആഭാസമായി നിലനിൽക്കത്തുള്ളൂ ചുരുക്കി പറഞ്ഞാൽ അറിവിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കാൻ സാധ്യമല്ല കാരണം അങ്ങനെ വേറിതിരിക്കേണ്ടവരാണ് അറിവ് തന്നെയാണ് അവിടെ അറിവ് വീണ്ടും അവശേഷിക്കും അപ്പം പിന്നെ ആരും എങ്ങനെ വേർതിരിക്കും അപ്പൊ വസ്തു വേറെയല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യവും വസ്തുവിനെ വിജ്ഞാനം സൃഷ്ടിച്ചതെന്നല്ല വിജ്ഞാനത്തിൽ നിന്നും വസ്തുവിനെ വേർതിരിക്കാൻ ആർക്ക് സാധ്യമുണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ തലച്ചോറാണ് വിജ്ഞാനത്തെ സൃഷ്ടിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം നമ്മുടെ വിജ്ഞാനത്തിൽ നിന്നും ആ തലച്ചോറിന് വേർതിരിക്കാൻ കഴിയും അത് എത്ര സമർത്ഥനായ വൈജ്ഞാനികൾ സാധ്യമേയല്ല കാരണം അവന്റെ ആ കാഴ്ചയും അവന്റെ ആ ധാരണയും വിജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് വിജ്ഞാനത്തിന്റെ ആഭാസമാണ് സൃഷ്ടി പറഞ്ഞ ആഭാസമാണ് ഇതിനെ വേർതിരിച്ചെടുക്കുക ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർതിരിച്ചെടുക്കുക അത് ചെയ്യേണ്ട ജോലിയും വന്നുചേരുന്ന ആരാൾ വിജ്ഞാനത്തിലാണ് അതെങ്ങനെ സംഭവിക്കും അവിടെ വിജ്ഞാനം ഇല്ലാതാകും വിജ്ഞാനം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഒരു പ്രക്രിയയില്ല വേർതിരിക്കാനായിട്ടൊരു വസ്തുവുമില്ല അതുകൊണ്ട് പറയുന്നു ഇത് വിജ്ഞാനാഭാസമാണ് എന്നാണ് പറയുന്നതിന്റെ താല്പര്യം നമുക്ക് ഒരിക്കലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വസ്തുക്കളെ വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുണ്ട് മറിച്ച് നമുക്ക് പറയാം എന്താണോ ഇത് വിജ്ഞാനത്തിന്റെ സൃഷ്ടിയല്ല എന്ന് പറയാം അത് തന്നെ ഇവിടെയും പറയുന്നു ഇത് വിജ്ഞാനത്തിന്റെ സൃഷ്ടിയല്ല നമ്മൾ ധരിക്കുന്നത് പോലെ എന്തുകൊണ്ട് കാരണം വിജ്ഞാനത്തിന് അന്യമായി ഒന്നും സംഭവിക്കുന്നില്ല അന്യമായ സൃഷ്ടിയും സ്ഥിതിയും സംഹാനവും സങ്കൽപ്പിക്കുന്നു പക്ഷേ വിജ്ഞാനത്തെ സംബന്ധിച്ച് ഉള്ളിലെന്നും വസ്തുവിനെ സംബന്ധിച്ച് പുറമേയെന്നും തോന്നുന്നുണ്ടല്ലോ ഉള്ളും പുറവും അത് രണ്ടും വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് എങ്ങനെയാണോ വസ്തുവിന്റെ പ്രതീതി വിജ്ഞാനത്തിലുണ്ടാകുന്നത് പോലെ വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ ഉള്ളും പുറവും എവിടെ നിൽക്കുന്നു വിജ്ഞാനത്തിൽ വിജ്ഞാനത്തിന് നിന്നപ്പുറമായിട്ട് അതിനിടെ നിന്നും നിൽക്കാൻ സാധ്യതയുണ്ടല്ല നിങ്ങൾ പറയും തൂണ് നിർത്തിയിരിക്കുന്ന ഭൂമിയിലാണ് വിജ്ഞാനത്തിലല്ല എന്ന് പറയും ശരിയാണ് വിജ്ഞാനത്തിലല്ല ഭൂമിയിലാണ് എന്ന് പറയും അപ്പോ എന്ത് ചെയ്യുന്നു തൂണിനെ ഭൂമിയിൽ ഉറപ്പിച്ചത് ആരാണ് വിജ്ഞാനമാണ് വിജ്ഞാനമാണ് പറയുന്നത് വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് ഭിന്ന വസ്തു ഭിന്ന വസ്തുവിൽ ഇരിക്കുന്നു എന്നുള്ളത് ആ പ്രതീതികൾ അനന്തമായ വിജ്ഞാനത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ എവിടെ കൊണ്ട് തൂണിനെ നിങ്ങൾക്ക് ഭൂമിയിൽ ഉറപ്പിക്കാം ഭൂമിയെ നിങ്ങൾക്ക് ആകാശത്തോടെ ഉറപ്പിക്കാം അതെല്ലാം പ്രധാനം എവിടെ വരും വിജ്ഞാനത്തിൽ വിജ്ഞാനമാണ് ഇതിനെല്ലാം ഓരോ സ്ഥലത്തും ഉറപ്പിക്കും അതുകൊണ്ട് ഇതിനെ ഒന്നിന് വിജ്ഞാനത്തിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയർതിരിക്കേണ്ട ആൾ വിജ്ഞാനമാണ് വിജ്ഞാനത്തിനത് അസാധ്യമാണ് വിജ്ഞാനമില്ലാതിന് വരതിരിക്കാൻ പറ്റും വിജ്ഞാനമില്ലെങ്കിൽ ഇതേയില്ല ഇല്ലെങ്കിലും വരതിരിക്കും അതുകൊണ്ടിത് വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇതിനെ രണ്ടിന്റെയും രണ്ടാകും നമ്മുടെ വസ്തുബോധത്തിൽ നിന്നും വസ്തുവിനെ പ്രസക്തികരിക്കും അതൊരിക്കലും കഴിയുന്നില്ല അതിന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയൊന്നും നമുക്ക് ആരോപിക്കാതിരിക്കാൻ ആരോപിക്കാം രണ്ടും ചെയ്യാം ഞാൻ പറയുന്നു ഈ വസ്തുവിനെ സൃഷ്ടിച്ചതാണ് ഇത് നിലനിൽക്കുന്നതാണ് നാളെ ഒരു കാലത്ത് നശിക്കും ആര് പറയുന്നു ഞാനെന്ന് പറഞ്ഞാൽ ആരാ വിജ്ഞാന ഇതെല്ലാം വിജ്ഞാനത്തിന്റെ ആഭാസങ്ങളാണ് ആ സൃഷ്ടിസ്ഥിതി സംഹാരം ആഭാസം എന്നുള്ള ഈ വസ്തുവിൽ ബാഹ്യത്വം ബാഹ്യഭാവം സൃഷ്ടിത്തി സംഹാരങ്ങളെല്ലാം നിലനിൽക്കാം പക്ഷെ വാസ്തവമായി നിലനിൽക്കത്തില്ല വാസ്തവമായി നിലനിൽക്കുന്നുമില്ല എന്നാണ് നമ്മുടെ അനുഭവം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒന്നിനും മറ്റൊന്നും നിന്നും വേർതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് അതതിന്റെ സ്വരൂപം തന്നെ നമുക്ക് പാലിൽ നിന്നും അതിന്റെ വെളുപ്പ് നിറക്ക് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇത് പാലാണ് ഇത് പാലെന്റെ വെളുപ്പ് നിറമാണ് വേർതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് ആ വെളുപ്പ് നിറം അത് തന്നെ അല്ലെങ്കിൽ നമുക്ക് പറയാം അതും ചേർന്നാലേ പാലാകത്തുള്ളൂ അതുപോലെ ഈ വിജ്ഞാനത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയുന്നില്ല വസ്തുവിന് കഴിയുന്നില്ലെങ്കിൽ ഇതെന്താണ് വിജ്ഞാനസ്വരൂപ ആഭാസം അതിനെന്തുകൊണ്ട് ആഭാസം എന്ന് പറയുന്നത് വിജ്ഞാനം അജവും ഏകരൂപമാണെങ്കിൽ ആണെങ്കിലും വിജ്ഞാനം നമുക്ക് പ്രതീതമാകുന്നത് ഈ നാനാ രൂപത്തിലാണ് ദ്രവീകുണകർമ്മ രൂപത്തിൽ പ്രതീതമാകുന്നത് ഒരേ ശാസ്ത്രീയവും വളരെ ഈക്തിയുക്തവുമാണ് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല ചിന്തിക്കാതെ നിഷേധിക്കാം ഒരേ വിജ്ഞാനം തന്നെ നാനാ രൂപത്തിൽ പ്രീതമാകുമ്പോൾ ഒന്ന് തന്നെയാണെങ്കിൽ അങ്ങനെയാണോ പാലിന്റെ വെളുത്തു പാല് തന്നെയായിരിക്കുന്നത് അതുപോലെ ഈ ആഭ്യാസങ്ങളെല്ലാം വിജ്ഞാനസ്വരൂപം തന്നെ അതാണ് ഇവിടെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് വിജ്ഞാന സ്വരൂപാഭാസ മാത്രത്വം എന്ന് പറഞ്ഞാൽ അതല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മൾ മറ്റ് ഓരോന്നിനും ഇവിടെ കാണുന്നുണ്ട് അനന്തമായ വസ്തുക്കൾ വസ്തുക്കളുടെ അനന്തമായ ഗുണങ്ങൾ അനന്തമായ ക്രിയകൾ അനന്തമായ വസ്തുക്കളെല്ലാം കാണുന്നുണ്ട് പക്ഷേ അത് ഓരോ അംശവും ചിന്തിച്ചു പോകും ആ ഓരോ അംശവും വിജ്ഞാനം തന്നെയാണ് ആ വിജ്ഞാനം തന്നെ ഓരോ അംശമായും ആ വിജ്ഞാനം തന്നെ ഇതെല്ലാം കൂടി ചേർന്നൊരു സമുദായമായും ഇരിക്കുന്നു ബൌദ്ധന്മാര് രൂപസ്കന്ധം വിജ്ഞാന സ്കന്ധം ഇങ്ങനെ പലതരത്തിൽ പല സ്കന്ധങ്ങളെ കുറിച്ച് പറയും അത് ഏകദശി ഇതുപോലെ തന്നെയാണ് ഇത് തന്നെയാണത് കാരണം വിജ്ഞാനത്തിൽ നിന്ന് പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഒരു ശില്പിക്കും കഴിയത്തില്ല കാരണം അത് ചെയ്യേണ്ടയാൾ വിജ്ഞാനമാണ് അതിനത് കഴിയുന്നില്ല വേറിട്ടൊരു പദാർത്ഥത്തെ നിൽക്കണമെങ്കിൽ വിജ്ഞാനം വേറെ നിക്കണം പദാർത്ഥം വേറെ നീക്കണം അതൊരിക്കലും സംഭവിക്കുന്നു നമ്മൾ പറയുന്ന എന്താണ് പദാർത്ഥ ബോധം പദാർത്ഥ ബോധത്തിന് ബോധത്തെ പിന്മാ പിന്നേതാ പദാർത്ഥം ബോധത്തോട് കൂടി ചേർന്നേ പദാർത്ഥത്തിന് നിൽക്കാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ബോധത്തിന്റെ തന്നെ രൂപാന്തരമായിട്ട് പദാർത്ഥത്തിന് നിൽക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ധരിക്കുന്നത് പദാർത്ഥങ്ങളെ നിഷേധിക്കാതെ വസ്തുക്കളെ നിഷേധിക്കുന്നില്ല അവർക്കെ അദ്വൈതത്തിൽ മറിച്ച് അത് എന്താണെന്ന് പറയുകയാണ് എന്താണെന്ന് പറയുന്നു അത് വിജ്ഞാനാഭാസം മാത്രമാണ് എന്ന് പറയും അങ്ങനെ പറയുന്നതിനെന്താ യുക്തിക്ക് നിരക്കാക്കുന്നത് നിഷേധിക്കണമെങ്കിൽ അത് യുക്തിക്ക് നിരക്കുന്നതാണ് ഒരാൾ പാടെ നിഷേധിക്കണം ഇതൊന്നും അങ്ങനെ പറയുകയാണ് ഇതൊക്കെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലായ്മയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിനും സൃഷ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിനുമൊക്കെ എതിരാണ് നമ്മുടെ അനുഭവത്തിനു യുക്തിക്കൊക്കെ എതിരാണ് അതുകൊണ്ടാണ് അത് അബദ്ധമെന്ന് പറയുന്നത് പണ്ടു തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഓർമ്മയുണ്ടായിരിക്കും ഇതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണെന്നല്ലേ ഇവിടെ പറയുന്നു നമ്മൾ വേദാന്തം അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കും അത് പൂർണമായി ശരിയല്ല അങ്ങനെ പറയുന്നതിന് ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യമല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ പറയുന്നതിന് താല്പര്യം എന്താണ് ഇതാണ് എന്താണ് വിജ്ഞാനത്തിൽ നിന്ന് ഇതിനെ വേറിതിരിക്കാൻ സാധ്യമല്ല വേർതിരിക്കാൻ സാധ്യമല്ലെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എന്താണോ ഇത് വിജ്ഞാനം തന്നെയാണ് അത് മുമ്പ് പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നത് ഇതുവരെ പറഞ്ഞിട്ട് പ്രയോജനം ഇല്ലാത്തോണ്ടാണ് അപ്പോ വീണ്ടും ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ വിജ്ഞാനത്തിന് എന്തുകൊണ്ട് ഏകമെന്ന് പറഞ്ഞു അത് സമാനവും പറയുന്നത് ഇത് വിജ്ഞാനാഭാസമാണ് ഏകം തന്നെ ഏകത്തിൻ്റെ ആഭാസം വാസ്തവത്തിൽ പലതാകാതെ തന്നെ പലതെന്ന് തോന്നുക പലതായി അനുഭവപ്പെടുക മനഃപൂർവം അങ്ങനെ കൽപ്പിക്കുന്നതോ തോന്നിപ്പിക്കുന്നതോ ആരെങ്കിലും ഒന്നുമല്ല അതാണ് പ്രപഞ്ചം ഒരു സങ്കല്പമാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ിക്കാൻ പറ്റില്ല എന്തുകൊണ്ടത് സങ്കല്പം എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ചില ധാരണകളുണ്ട് എന്താണ് ഈ സങ്കല്പം അതിന് വിരുദ്ധമാണ് ഈ പറയുന്നത് പ്രപഞ്ച എന്ന് പറയുന്നത് കാരണം നമുക്ക് സങ്കല്പം എന്താണ് നമുക്ക് പരിചയം ഈ പ്രപഞ്ചം അതല്ല അതാണ് നമ്മൾ അതിനെ നിഷേധിക്കുന്നത് അപ്പൊ പ്രപഞ്ച സങ്കല്പമാണെന്ന് പറയുമ്പോൾ അതിന് പറഞ്ഞതിന്റെ താല്പര്യം നമ്മൾ ധരിച്ചത് പ്രപഞ്ചം കൽപ്പനയാണെന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം നമ്മൾ ധരിച്ചത് താല്പര്യം ഇതാണ് വിജ്ഞാനസ്വരൂപാഭാസമാണ് വിജ്ഞാനത്തിന് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ വിജ്ഞാനമല്ലാതെ മറ്റൊന്നില്ല ഇങ്ങനെയൊക്കെ ആകാൻ വേണ്ടി ഇതെല്ലാം എവിടെ നിൽക്കുന്നു വിജ്ഞാനത്തിലാണ് നിൽക്കുന്നത് വേറെ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ എല്ലാ മനനങ്ങളും നമ്മുടെ ചിന്തകളും സങ്കല്പങ്ങളും ഈ വസ്തുക്കളുമെല്ലാം ഭാനം ചെയ്യുന്ന എവിടെയാണ് വിജ്ഞാനത്തിലല്ലേ വേറെ എവിടെയാണുള്ളത് ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഭൗതികമെന്നോ ശരീരമൊന്നോ ആകാശമൊന്നോ എന്ത് പറഞ്ഞാലും ഈ ശബ്ദവും ഈ അർത്ഥവും എല്ലാം എവിടെ നിൽക്കുന്നു വിജ്ഞാനത്തിൽ നാനാപ്രതീതികളായി നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാമായി മാറുന്നതിന് വിജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല അല്ലെങ്കിൽ മറ്റൊന്ന് കണ്ടുപിടിക്കും ഏതെങ്കിലും ഒരു വൈജ്ഞാനികനും കണ്ടുപിടിക്കാൻ പറ്റുമോ വിജ്ഞാനമല്ലാതെ മറ്റൊന്നോ അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് സാധ്യമല്ല കാരണം അങ്ങനെ നിങ്ങൾ എന്തിനെങ്കിലും ഒരു കാരണത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാരണമായി മറ്റൊന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും വിജ്ഞാനമായിട്ടൊന്ന് പരിശോധിച്ചു നോക്കുക ആ പറഞ്ഞ കാരണം എവിടെ പ്രതീതമാകുന്നത് അതും വിജ്ഞാനത്തിലല്ലേ അതിന് നിങ്ങൾക്ക് വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുമോ എല്ലാ നിഗമനങ്ങളും എത്തി നിൽക്കുന്ന എവിടെയാണ് നമ്മൾ കരുതുന്ന പോലെ ഏതെങ്കിലും ഒരു പരീക്ഷണശാലയിലല്ല എല്ലാ നിഗമനങ്ങളും പ്രകാശിക്കുകയാണ് എവിടെ വിജ്ഞാനത്തിൽ അപ്പോൾ എല്ലാത്തിനും ആധാരമായിരിക്കുന്നത് എന്താണ് ഇത് അന്വേഷിക്കുന്നവന്റെ അറിയുന്നവന്റെ വിജ്ഞാനം തന്നെ അന്വേഷിക്കുന്നവന്റെ അറിയുന്നവന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അവൻ തന്നെയാണ് അവന്റെ സ്വരൂപം തന്നെയാണ് അതിനെ തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നവനെന്നും അറിയുന്നവനെന്നും പറയുന്നത് അപ്പോ നമ്മൾ ഏതന്വേഷണം നടത്തിയാലും ശരി അവസാനം നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം ആ നിഗമനത്തിൽ നമ്മൾ കണ്ടെത്തിയെന്ന് വരുന്ന വസ്തുതകൾ അതെല്ലാം എന്താണോ വിജ്ഞാനാഭാസമാണ് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ആധുനികമായി ചിന്തിച്ചാലും ശരി പൗരാണികമായി ചിന്തിച്ചാലും ശരി വിജ്ഞാനത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ സാധ്യമല്ല ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വിജ്ഞാന സ്വരൂപ ആഭാസ മാത്രത്വമാണ് സർവധർമാണു അത് ഏതുവരെ ചിന്തിച്ചാലും ശരി എന്നുവരെ ചിന്തിച്ചാലും ശരി ആര് ചിന്തിച്ചാലും ശരി വിജ്ഞാനത്തിൽ നിന്ന് ഒന്നിനും ഇവിടെ സ്വതന്ത്രമാകാൻ സാധ്യമല്ല വിജ്ഞാനം മാത്രം ഇതാണ് ഈ പറയുന്ന ഒരു വാചകത്തിൽ ഇതിന്റെ താല്പര്യം പരമമായ താല്പര്യം മുഴുവൻ ഹേതോഹോ ഫലം ജായതേ നവി ഹേതുഫലയൊരു അജാതി അധിവസന്തി അതുകൊണ്ട് എന്താണ് നേരത്തെയുള്ള ഒരു ചോദ്യമുണ്ടല്ലോ മാങ്ങയിൽ നിന്നാണോ അതിന്റെ വിത്തുണ്ടായത് അതോ ആ വിത്തിൽ നിന്നാണോ മാങ്ങയുണ്ടായത് മാവിൽ നിന്നാണോ മാങ്ങയുണ്ടായത് അതോ മാങ്ങയിൽ നിന്നാണോ മാവുണ്ടായത് ഹേതുവിൽ നിന്നും ഫലമുണ്ടാകുന്നു ഫലത്തിൽ നിന്ന് ഹേതുണ്ടാകുന്നു എന്ന് നിങ്ങൾ ബാഹ്യമായി കൽപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒന്നും സംഭവിക്കുന്നേ ഇല്ല സംഭവിക്കാത്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്കതിന് ഉത്തരം കിട്ടാൻ കഴിയാത്തത് വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ അത് സംഭവിക്കുന്നില്ല ഹേതുവിൽ നിന്ന് ഫലവും ഉണ്ടാകുന്നില്ല ഫലത്തിൽ നിന്ന് ഹേതുവുമുണ്ടാകുന്നില്ല അതുകൊണ്ട് ഹേതുഫലയും അജാതി അധിവസന്തി ഹേതുഫല അജാതിയെ നിശ്ചയിക്കുന്നു ആരോഗ്യ വിവേകികൾ ബാഹ്യമായി ഒന്നിനും തന്നെ പരസ്പരമായ കാര്യകാരണഭാവം അതും വാസ്തവത്തിന് അത് കണ്ടെത്താൻ കഴിയുന്നില്ല മറിച്ച് വിജ്ഞാനഭാനം അത് നമുക്ക് പലതായും അനുഭവപ്പെടുന്നു ഇത് മനസ്സിലാക്കുന്നതിന് വലിയ എനിക്ക് തോന്നുന്നില്ല പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട് വിജ്ഞാനമുള്ളവർക്കെല്ലാം മനസ്സിലാവും വിജ്ഞാനമില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം ഇത് മനസ്സിലാക്കുന്നവൻ വിജ്ഞാനമാണ് ആ മനസ്സിലാക്കൽ വിജ്ഞാനമാണ് മനസ്സിലാക്കി തരുന്നതും വിജ്ഞാനമാണ് അതില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആത്മനി ഹേതുഫലയോ അഭാവമേവ പ്രതിബദ്ധിതേ ബ്രഹ്മവിദ അതുകൊണ്ട് പറയുന്നു ആത്മാവിന് എന്ന് പറഞ്ഞാൽ ആ വിജ്ഞാനത്തിൽ സ്വയം വിജ്ഞാനമാണ് തന്റെ ദൃശ്യം വിജ്ഞാനമാണ് അതിൽ ഹേതുഫല അഭാവം കാര്യകാരണഭാവത്തെ വേറിട്ടൊന്നും നിശ്ചയിക്കാൻ കഴിയുന്നില്ല കാരണം വേറിട്ടൊരു വസ്തുവല്ല അതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് മറക്കാൻ പാടില്ല എല്ലാം വിജ്ഞാനമാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇരുട്ട് കൊണ്ടുള്ള വോട്ട അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി പറയുകയാണ് അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നില്ല ഒന്നിനെയും വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല വേർതിരിക്കേണ്ട ആള് വിജ്ഞാനമാണോ അതുകൊണ്ട് തന്നെ അത് അസാധ്യമാണ് അതുകൊണ്ട് ഏതു ഫലയൂർ അഭാവമേവ ഇവിടെ കാര്യകാരണഭാവം തുടങ്ങി നമ്മൾ കൽപ്പിക്കുന്ന സർവ് ദേശകാലങ്ങളോട് ബന്ധപ്പെട്ട് വിജ്ഞാനവ്യതിരിക്തമായി നമ്മൾക്കെന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ അത് സർവവും വിജ്ഞാനം തന്നെയാണ് അതുകൊണ്ട് വേറിട്ടൊരു കാര്യകാരണഭാവത്തെ നിർണ്ണയിക്കാൻ സാധ്യമല്ല പ്രതിപദ്യന്റെ ബ്രഹ്മവിധ ഇത് ധരിക്കുന്നവനാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യകൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു ബ്രഹ്മത്തെ അറിയുന്നവർ അത് മനസ്സിലാക്കിയിരിക്കുന്നു ഈ വിജ്ഞാന രഹസ്യം അതാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് चित्तजा हेदु हेदु പ്രവിശത്തിമേഷദ്ഹേഫലാവേശ േുഭലോദ്ഭവ ക്ഷീണേ ഹേദുഫലാവേശി നേദുഫലോദ്ഭവ ിൽ അഭിനിവേശമുള്ളവർ അഭിനിവേശം എന്ന് പറയുന്നത് എന്താണ് അത്രയൊരു ധാരണയിൽ നിന്ന് സ്വയം മാറാൻ കഴിയാതിരിക്കും നമ്മൾ പറയുന്നില്ല അദ്വൈതം അല്ലെങ്കിൽ അജാതവാദം എത്രയൊക്കെ കേട്ടിട്ടും അത് മനസ്സിലാകുന്നില്ല അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം ഗ്രഹണാഭാവം ശൂന്യത എന്നല്ല നമുക്ക് ശൂന്യത അനുഭവപ്പെടുന്നു എന്നല്ല മറിച്ച് ഇത്തരത്തിലുള്ള ഒരു അഭിനിവേശം നമ്മൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെ എന്താണോ നമ്മൾ ആത്മാവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് എന്താണോ ബന്ധമോക്ഷങ്ങളെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് ആ ധാരണകളിൽ നിന്ന് ലബലേശം നമുക്ക് മാറാൻ കഴിയുന്നില്ല അതിനാണ് അഭിനിവേശം എന്ന് പറയുന്നത് പോയ അറിവ് ദൃഢമായി പോയ അറിവിന്റെ സംസ്കാരം അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിയുന്നില്ല ഒരു തരത്തിലൊരു അസ്വാതന്ത്ര്യമാണ് ചിന്തയുടെ അസ്വാതന്ത്ര്യം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അവർക്ക് ഈ കാര്യം എത്രയൊക്കെ ബോധിപ്പിച്ചാലും ശരി അഭിനിവേശത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയത്തില്ല സാധാരണ മലയാള ഭാഷ പറഞ്ഞ മരത്തലയന്മാര് സാധാരണ പറഞ്ഞ ഉറച്ചുപോയി ിം സാദ് അവർക്കെന്താ സംഭവിക്കാൻ പോകുന്നു നാളെ അതിനെ കുറിച്ച് പറയുകയാണ് അധ്യാഗുണം അവർക്ക് അവരുടെ മനസ്സിന് ഈ ഭാഗ്യമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വെളിപ്പെടുന്ന ഈ പ്രപഞ്ചത്ത് നിന്ന് പിൻവലിക്കാൻ കഴിയും അവരുടെ മനസ്സെപ്പോഴും ഇതിനെ ചുറ്റിക്കറ്റിത്തന്നെ അത് പറയുന്ന എന്താണ് ധർമാധർമ്മ ആണ് ഇത് ഈ കാണുന്നത് ധർമാധർമ്മ അങ്ങനെയൊക്കെ വിജ്ഞാനം ഇതിനെക്കുറിച്ച് ധരിച്ചിരിക്കുകയാണ് പാപ പുണ്യ ചിന്ത പാപ പുണ്യങ്ങളുടെ ഹേതുക്കളെക്കുറിച്ചുള്ള ചിന്ത പാപ പുണ്യങ്ങളുടെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത സംസ്കാരം പാപപുണ്യങ്ങളുടെ ഹേതുക്കളെന്ന് പറയുന്നത് സദസ്പവൃത്തികൾ ചിന്തകൾ വാക്ക് ഇതെല്ലാം അതിന്റെ ഫലമെന്ന് പറയുന്നത് സുഖദുഃഖാതി അനുഭവങ്ങൾ ജന്മങ്ങൾ ഇത്രയും കാര്യങ്ങളിലായിരിക്കും അവരുടെ മനസ്സ് മുഴുകിയിരിക്കുന്നു എന്നിട്ടെന്ത് കരുതുന്നു ധർമാധർമാഖ്യസഹേതുരഹംകർത്ത മമ ധർമാധർമ്മവും കരുതുന്നു ഈ പ്രപഞ്ചത്തോട് തന്നെ ബന്ധപ്പെടുത്തുന്നു അതായത് പറഞ്ഞല്ലോ ഈ വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതാണ് ഇതൊന്നും പക്ഷെ അതിനെ വേർതിരിക്കുന്നു താൻ വേറെ കാണുന്നതെല്ലാം വേറെ എന്ന് കരുതുന്നു തന്നെ വിജ്ഞാനത്തിൽ നിന്ന് തന്നെ സ്വതന്ത്രമാക്കുന്നു വേറെയാക്കുന്നു പ്രപഞ്ചത്തെയും വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കുന്നു എന്നിട്ട് അവിടെ ധർമാധർമ്മങ്ങളെയും മറ്റു കൽപ്പിക്കുന്നു അതിൽ തന്റെ കടത്തൃത്വത്തെ ആരോപിക്കുന്നു അഹം കർത്ത ഞാൻ ഇന്നൊക്കെ मम മമധർമാധർമോ അതിൽ നിന്ന് ഞാൻ ധർമ്മത്തെ അല്ലെങ്കിൽ അധർമ്മത്തെ സ്വീകരിക്കേണ്ടവനാകുന്നു ഇത് കുറച്ച് വേഗമുള്ളവനെ കുറിച്ചാണ് പറയും അല്ലാത്തവന് പുണ്യപാപചിന്തകൾ പോകുന്നുണ്ടല്ലോ പക്ഷെ പുണ്യപാവചിന്തകൾ തീരെ ഇല്ലാത്തവരില്ല കാരണം സുഖദുഃഖ ചിന്തകളുണ്ടെങ്കിൽ അവിടെ പുണ്യപാവ ചിന്തകൾ ചിന്തയുമുണ്ട് സുഖം വേറെയാണോ ദുഃഖം വേറെയാണെന്ന് തിരിച്ചറിയുന്നവൻ അല്ല അബോധപൂർവമായിട്ടങ്ങനെ അവന് പുണ്യപാപ ചിന്തയുണ്ട് മനുഷ്യ കുറച്ചുകൂടി വിവേകമുള്ളവൻ എന്ത് ചെയ്യുന്നു പുണ്യം സുഖ ഏതുവാണെന്നും പാപം ദുഃഖ ഏതുവാണെന്നും മനസ്സിലാക്കുന്നു അത് ഏത് നിലയിലായാലും ശരി അവനെന്താണ് ഈ അഭിനിവേശത്തിലാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യബോധത്തിലാണ് അല്ലെങ്കിൽ വാസ്തവബോധം ഗ്രഹിക്കാതിരിക്കുകയാണ് ഇപ്പൊ പ്രാപഞ്ചികമായ വിഷയങ്ങളിലാണ് അവന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ സത്യബോധമുള്ളവനും അവന് പ്രാപഞ്ചിക പ്രവർത്തനങ്ങളില്ലേ ഉണ്ട് അവനും പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് അവനും പക്ഷേ അവന്റെ പ്രവർത്തനം ഈ ബോധത്തോടു കൂടി വ്യത്യാസം മാറി മറ്റവന്റെ പ്രവർത്തനം ഈ ബോധം കൂടാതെ അതിന് വ്യത്യാസം പറയുന്നത് തദ്ദേ കാലാന്തരേ ത്ാണിനികായേ ജാഥ ബോക്ഷി അവന് ജന്മമരണങ്ങളെല്ലാം വാസ്തവമായി തന്നെ അനുഭവപ്പെടുന്നു പ്രപഞ്ചം വാസ്തവമായി തന്നെ അനുഭവപ്പെടുന്നു കർമ്മങ്ങൾ വാസ്തവമായി അനുഭവപ്പെടുന്നു കർമ്മഫലങ്ങൾ വാസ്തവമായി അനുഭവപ്പെടുന്നു അതുകൊണ്ടെന്ത് കരുതുന്നു വിവേകമുള്ളതുകൊണ്ടെന്ന് കരുതുന്നു ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു ഈ പ്രവൃത്തിയുടെ ഫലം ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാന്തരത്തിൽ ഭാവി കാലത്തിൽ കൊച്ചു പ്രാണിനികമായി മറ്റേതെങ്കിലും ഒരു ശരീരത്തിൽ ജാത ജനിച്ച് ഭക്ഷ്യ അനുഭവിക്കും ഇങ്ങനെയെല്ലാം കരുതുന്നു അല്ലെങ്കിൽ കരുതുന്നു മരിച്ചതിന് ശേഷം ഏതെങ്കിലും സ്വർഗത്തിൽ പോകും ഏതെങ്കിലും ദേവന്റെ ലോകത്ത് പോവും അവിടെ പോയതൊക്കെ അനുഭവിക്കും ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നവര് പോലും പറയും വിവരം അദ്വൈതത്തിനും മറ്റും അവരും പറയും എന്താണോ ബാക്കി ഇനി വരണ്ട ജന്മത്തിൽ ചെയ്യാം പറ കാലാന്തരത്തെ കുറിച്ച് ദേശാന്തരത്തെ അതൊക്കെ സത്യമാണെന്ന് കരുതിയുള്ള ചിന്തകൾ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ അഭിനിവേശം ഉള്ളിൽ ദൃഢമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറയുന്ന ഈ അജാദിയെ ഒരാൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റോ കുറ്റമോന്നുമല്ല കാരണം അവന്റെ ഉള്ളിലിട്ടിരിക്കുന്ന അഭിനിവേശം അതിനുള്ള അവസരം കൊടുക്കുന്നു അത് എന്താണ് യാവഫല ഈ ഒരാവേശം ഹേതുഫല ആഗ്രഹം ആത്മന്യധ്യാരോപണം അത് തന്നിൽ ഈ വിജ്ഞാനത്തിൽ ദൃഢമായി കൽപ്പിച്ചിരിക്കുകയാണ് ആരോപിച്ചിരിക്കുകയാണ് അതാണ് വിജ്ഞാനം തന്നെ ആരൂപത്തിലായിപ്പോയി അവന്റെ സങ്കല്പങ്ങൾ തന്നെ ആരൂപത്തിലായിപ്പോയി നടത്തും പ്രപഞ്ചസത്യത്തിൽ ആ സങ്കല്പം ഉറച്ചത് കൊണ്ട് അതിനെ തുടർന്ന് വരുന്ന സങ്കല്പങ്ങളിലായി അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിയുന്നല്ലാവശ ത അതുവരെ എന്തു ചെയ്യും താവത് ഹേതുഫല യുവരുദ്ധവോ ധർമാധർമ്മയോ തദ് അനുച്ഛേദന പ്രവർത്തിക്കുക ആ അഭിനിവേശ അവന്റെ ഉള്ളിൽ ദൃഢമായിരിക്കുമ്പോ അവനീ കാണുന്നതെല്ലാം സത്യം തന്നെ അവൻ ഇതിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ കഴിയത്തില്ല അപ്പം ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രേഷ്ഠമായി കണ്ടുകൊണ്ട് അവൻ ഇതിൽ മുഴുകി കഴിയും ആർക്കും അതിൽ മാറ്റം വരുത്താൻ കഴിയത്തില്ല താവത് ഹേതുഫലയോരദ് ഭവ അവനിതെല്ലാം യാഥാർത്ഥ്യമായി സത്യമായി അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ പോകും അവന്റെ അനുഭവയാഥാർത്ഥ്യങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന രീതിയിൽ അവൻ പിന്നെ പ്രവർത്തിച്ചു കൊണ്ടുപോയി അതിന്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കും ഇതിൽ നിന്നുള്ള വാസ്തവമോചനം അവന് സാധിക്കത്തില്ല ധർമാധർമ്മയോ തദ് അനുച്ഛേദേന പ്രവൃത്തി ഇതനന്തമായി അവസാനിക്കാതെ അവനീ കർമ്മ മാർഗത്തിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വാസ്തവ ബോധരഹിതനായി ഇതാണ് കർമ്മമാർഗത്ത് സഞ്ചരിക്കുന്ന ദോഷവും നല്ല പറയുന്നു അങ്ങനെ ഒരിക്കലും ധരിക്കരുത് കർമ്മം അതിന്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്ന ബോധമനുണ്ടാകത്തില്ല ഈ കർമ്മം അതും എന്താണ് വിജ്ഞാനം വ്യതിരിക്തമായൊന്നല്ല അതും വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് എന്നുള്ള ബോധമില്ലാതെ അവൻ കർമ്മം ചെയ്യും അതാണ് ഇവിടെ പറയുന്ന ദോഷം ബന്ധമോക്ഷങ്ങളെക്കുറിച്ചെല്ലാം പ്രപഞ്ചസത്യത്തെ മുൻനിർത്തിയുള്ള ചിന്തകളായിരിക്കും അവന്റെ ഉള്ളിൽ അവന്റെ അഭിനിവേശത്തിനനുസരിച്ചായിരിക്കും അതിനെക്കുറിച്ചുള്ള അവന്റെ സങ്കല്പങ്ങൾ അതിനുവേണ്ടിയുള്ള അവന്റെ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും അതിനനുസരിച്ചായിരിക്കും പിന്നെ ഇതിൽ നിന്നുള്ള മോചനം എങ്ങനെ അതിന് സമാനം പറയുന്നു യഥാകുനർ മന്ത്രൌഷവീര്യേണ യുവ ഗ്രഹാവേശു യഥോക് അദ്വൈതദർശനേന അവിദ്യഹേതുഫലാദീഷു അപനീതോഭവതി തഥാ തസ്മൻ ക്ഷീണി നാസ്തി ഭൂതാവേശം സംഭവിച്ചിരിക്കുന്ന പറയും നമ്മൾ ധരിക്കുക അവന്റെ ബോധം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് ഈ ലോകത്തോടുള്ള അവന്റെ പ്രവർത്തനവും ഈ ലോകത്തിൽ നിന്നുള്ള പ്രതിപ്രവർത്തനവും അവൻ എങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത് ആ ഭൂതാവേശം സംഭവിച്ചിട്ടില്ലാത്തവനത് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്തായാലും തന്നെപ്പോലെയല്ല അവൻ അറിയുന്നതും ചിന്തിക്കുന്നതും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് ഒരാൾ ഭൂതാഭിഷ്ടനായി അതാണ് ഗ്രഹാവിഷ് ഗ്രഹാവേശം പോലും അപ്പോൾ എല്ലാം മാറി അയാളുടെ സങ്കല്പങ്ങളും എല്ലാം മാറി കർമ്മങ്ങളും എല്ലാം മാറി അയാൾ മറ്റേതോരു ഭാവത്തിലാണ് അതിനെ മാറ്റുന്നിങ്ങനെ മന്ത്ര ഔഷധി മന്ത്രങ്ങൾ കൊണ്ടും ഔഷധി കൊണ്ടും എല്ലാം അതും മാറ്റുന്നു അതിന്റെ ശക്തി കൊണ്ട് മന്ത്ര ഔഷധി വീര്യം കൊണ്ട് അയാൾ നിന്ന് ആവേശത്തെ മാറ്റി അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാൻ ഒരാളുടെ മനസ്സിന്റെ സമതല പൂർണമായും മാറിപ്പോയി അപ്പോൾ അയാളുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം മാറി അയാളുടെ ലോകം വേറെ ഒന്നാണ് അവിടെ മന്ത്രം കൊണ്ടോ ഔഷധി കൊണ്ടോ അതിൻ്റെ ശക്തി കൊണ്ട് ഗൃഹാവേശോ യഥോ ആ ഗൃഹാവേശം മാറി എന്ന് നോർമലായി എന്ന് പറയാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അയാളുടെ അനുഭവം ആ അനുഭവത്തെ അതാണ് അയാളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് എങ്ങനെ ഒരാൾക്ക് ഈ ഭൂതാവേശം മാറിയില്ല മുമ്പ് നമ്മളയാളെ മനസ്സിലാകാൻ ശ്രമിക്കുകയാണ് ഭൂതാവേശം മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതുപോലെയാണ് ഈ മുമ്പ് പറഞ്ഞതായ അഭിനിവേശം മനസ്സിലുള്ളവനോട് ഈ അജാതപാദം പ്രസംഗിക്കുന്നത് അല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി പറയണമെങ്കിൽ വട്ട് മാറുന്നതിന് മുമ്പ് തന്നെ അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണെന്താണോ മരുന്നൊന്നും കൊടുത്തില്ല വട്ട് മാറിയാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അതുകൊണ്ടെന്താ വിശേഷം അതിന് മരുന്ന് കൊടുത്ത് അത് മാറിക്കഴിഞ്ഞാൽ ശരി പിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമേല അയാൾ ബോധിച്ചോളൂ അപ്പം അയാൾ പറയാം ആ വട്ട് മാറിയാൽ ഇങ്ങനെ ആയിരിക്കും പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് പുസ്തകങ്ങൾ വെച്ച് ഒരുപാട് മണിക്കൂറോട് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം മരുന്ന് കൊടുക്കാതെ അയാളെ മണിക്കൂറുകളോളം ക്ലാസ് എടുക്കണം എന്താണ് വട്ട് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതുപോലെ തന്നെ പറയുന്നത് ചെയ്യുന്ന പണി മുഴുവൻ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് നിഗന്ധ വ്യക്തം ഒരു പ്രയോജനം മന്ത്രൌഷധി വീര്യം കൊണ്ട് അത് മാറണം മാറുന്നതിന് മുമ്പ് നടത്തുന്ന ഈ പ്രസംഗങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് പറയുന്നത് അത് എന്തു ചെയ്യണം അത് മാറി തന്നെ മനസ്സിലാക്കണം എന്നതിനെ പറ്റും വട്ടിരിക്കെ വട്ടു മാറിയാലുള്ള അവസ്ഥ പിടിയിട്ടുണ്ട് എത്രയൊക്കെ ഉപദേശിച്ചാലും പിടിയിട്ടുണ്ട് അണുസാറിന പറയാനുള്ളത് മനുഷ്യനെ ഉപദേശം കൊണ്ട് നന്നാക്കാൻ സാധ്യമല്ല തണ്ടുകൊടുത്താൽ ചിലപ്പം നന്നായാൽ മതി ഉപദേശം കൊണ്ടൊരിക്കലും ശരിയാകത്തില്ല അതുപോലെ അദ്വൈത ദർശനേന മന്ത്രഔഷധി വീര്യം കൊണ്ട് ഇത് മാറിക്കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന അസുഖം മാറിക്കഴിഞ്ഞാൽ തലക്കകത്ത് നല്ല പ്രകാശം വരും കാര്യങ്ങൾ ബോധ്യമാകുന്നു ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നു ഇന്നങ്ങനെ എന്താ ഇന്നാണ് എനിക്ക് ശരിയായ വെളിച്ചം വന്നത് എന്താണ് അദ്വൈത ദർശനേന അവനുള്ള അദ്വൈത ദർശനം സംഭവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ആത്മബോധം സംഭവിക്കണം സത്യം ഉള്ളിൽ പ്രകാശിക്കണം അത് എങ്ങനെ ഇപ്പോ ആര് മുഖാന്തരം എന്നൊന്നും പറയാൻ കഴിയില്ല എങ്ങനെയായാലും അത് സംഭവിക്കണം അതേ ഉള്ളതിന് പരിഹാരം എന്ന് പറയുന്നു അത് ഒരുവന്റെ ഉള്ളിൽ സ്വയം പ്രകാശിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് പരിഹാരമായി ചെറു ചോദിക്കും ചെറിയ ഡോസും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും നല്ലതാണ് കുറേശ്ശെ കുറേശ്ശെ മാറത്തില്ലേ മാറില്ലെന്നല്ല പറയുന്നത് മാറും കുറേശ്ശെ മരുന്ന് കൃവമായി കഴിച്ച് കുറേശ്ശെ കുറേശ്ശേ മാറ്റിയെടുക്കുന്നതിനാണ് ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അഭ്യാസങ്ങളും എല്ലാം അതിനു തന്നെയാണ് പക്ഷെ ആത്യന്തികമായി ഇത് മാറും ോഗത്തിൽ നിന്നും മുക്തനായി എന്ന് സ്വയം ബോധ്യപ്പെടും അതാണ് അദ്വൈതദൃശ്യതേന അവിദ്യ ഉദ്ഭൂത ഹേതുഫലാദേശു അഭിനീരേ അവിദ്യ കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഹേതുഫലാവേശു മുമ്പ് പറഞ്ഞ അഭിനിവേശം ഇത് അവിദ്യയിൽ നിന്നും ഉണ്ടായതാണ് ഇത് മാറണം രോഗത്തിന്റെ കാരണത്തെ ചികിത്സിച്ചു മാറ്റണം മരുന്നുകൊണ്ട് അതുപോലെ ഈ ഭവരോഗത്തിന്റെ കാരണത്തെ അത് അദ്വൈത അനുഭൂതി കൊണ്ട് ആ കാരണത്തിൽ തന്നെ നശിപ്പിക്കും തഥാ തസ്മിൻ ക്ഷീണു നാസ്തി ചെയ്തു ഫലോദ്ഭവ അപ്പോ അവന് ബോധ്യപ്പെടുന്നു അവന് സത്യം ബോധ്യപ്പെടുന്നു അതിന പുറം പിന്നീട് അവന് ഈ ഹേതുഫലങ്ങൾ അവനെ ബന്ധിക്കുന്നില്ല അവന് പിന്നീട് ഹേതുഫലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുമില്ല ഇരുട്ട് നശിച്ചുകഴിഞ്ഞാൽ പിന്നെ വെളിച്ചം മാത്രം വെളിച്ചം നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നെ ഇരുട്ടിന്റെ പ്രസക്തി ഇതെന്താണ് അതിവും നിത്യവുമായ വെളിച്ചമാണ് അതുകൊണ്ട് അവിടെ പിന്നീട് ഇരിട്ടുള്ള അവകാശമില്ല അതുകൊണ്ട് അതുവരെ ഈ ഹേതുഫല ആവേശ ദൃഢമായി ഈ ബോധത്തെ ജീവന്മാരെ ചിത്തത്തെ മൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അദ്വൈത ദർശനം കൊണ്ടേ അത് പൂർണ്ണമായി മാറക്കും എന്ന് പറഞ്ഞാൽ സ്വാനുഭൂതിയില ഇത് പൂർണമായും മാറത്തുള്ള അതുവരെ ഇത് കേറിയും കുറഞ്ഞും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ചിലരും നിശേഷം കാണത്തു േുഫലോദ്ഭവാ യേദുഭാവേശേതു സംസാരം ന പ്രതി ഹേതുഫലോദ്ഭവ ചോദിക്കയാണ് ഇതൊക്കെ ഇങ്ങനെ തുടർന്നാൽ എന്താ ദോഷം ഇങ്ങനെയൊക്കെ പോയാലും പോരെ നമ്മൾ സാറിന് ചോദിക്കേത് ഫലോദ്ഭവം തഥാ കോഷ ഇതുകൊണ്ട് എന്താ ദോഷം ഏതു ഫലോദ്ഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സങ്കല്പങ്ങൾ ബന്ധമോഷങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അതിവിടെ ആചാര്യൻ വെളിപ്പെടുത്തിയ രീതിയിലല്ല മറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ അഭിനിവേശം അനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ തന്നെ എന്താ എന്താ ദോഷം എന്നാണ് ചോദിക്കുന്നത് എത്തിയച്ഛതെന്ന് പറഞ്ഞാൽ അതിന് സമാധാനം പറയുന്നു ഇവിടെ നമ്മുടെ ആചാര്യൻ വെളിപ്പെടുത്തി ദർശനം സത്യദർശനം അതൊന്നു മാത്രമേ ഉള്ളൂ ആത്യന്തികമായി ഇതിൽ നിന്നും മോചനം നേടുന്നു അതിൽ നിന്നും ആ ദർശനം കൊണ്ട് ഹേതുഫലാവേശോ ന നിവർത്തന്തേ അതുകൊണ്ട് ഈ നമ്മുടെ ഇന്നുള്ള ഈ സങ്കല്പങ്ങൾ മാറുന്നില്ല എങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ഇതിങ്ങനെ അവസാനിക്കാതെ തുടർന്നുകൊണ്ടേ ഈ അവസാനിക്കാത്ത കാലദേശങ്ങളിൽ തന്നെ മുന്നോട്ടു പോകേണ്ടി വരും അക്ഷീണമായി ക്ഷീണിക്കാതെ സംസാരത്താവ് ആയതേ ഈ സംസാരം ആയതമായിരിക്കും എന്ന് പറഞ്ഞാൽ ദീർഘോഭൂതി അതിലവസാനമില്ലാതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും സംസാരം എന്ന് പറയുമ്പോൾ എന്താ ഇന്നുള്ള ഈ സങ്കല്പങ്ങൾ നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത ഈ സങ്കല്പങ്ങൾ സത്യദർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കൽ സ്വബോധം പ്രകാശിക്കാതിരിക്കൽ അത് തന്നെ അത് സംസാരം അതിങ്ങനെ ദീർഘോഭൂതി അത് ക്ഷീണേ പുനർഹേതുഫലാവേശേ സംസാദേലാവേശം എന്ന് പറഞ്ഞതായി അഭിനിവേശം മനസ്സിൻ്റെ ഇപ്പോഴുള്ള ദൃഢത ആ സത്യത്തിൽ വരാതിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ സ്വയം ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിങ്ങനെ തുടരുന്നു പക്ഷെ ക്ഷീണേ ഇത് ക്ഷീണിച്ചാലോ ഇത് അവസാനിച്ചാലോ തത്വബോധം കൊണ്ട് ഇത് മാറിയാലോ സംസാരം എന്ന പ്രപദ്ധത ഇന്നവന് സംസാരം അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് ഇന്നനുഭവപ്പെടുന്നത് പോലെയുള്ള ഒരു സത്യപ്രപഞ്ചമാണ് അനുഭവപ്പെടുന്നില്ല ഇന്ന് അനുഭവപ്പെടുന്ന ഈ സത്യപ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഈ സത്യത്വം അതാണ് സംസാരമെന്ന് പറയുന്നത് അതാണ് സർവ്വപ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് അത് ന പ്രപദ്ധ്യതയെ തുടർന്ന് അവൻ അനുഭവപ്പെടുന്നില്ല ഇന്നുള്ള അവന്റെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും അവൻ മുക്തനായിത്തീരുന്നു എന്തുകൊണ്ട് കരണാഭാവ ഇതിനു കാരണമായിരിക്കുന്നവന്റെ ആ അജ്ഞാനം അവിദ്യ വിവേകരാഹിത്യം അത് ഇല്ലാതായിരിക്കുന്നു പൂർണമായും അവസാനിച്ചിരിക്കുന്നു അതാണ് ക്ഷണേ പുനർഹേതുവേശേ സംസാരെ കാരണാഭാവ എന്നുള്ള കാരണം നിലനിൽക്കാത്തതുകൊണ്ട് അപ്പോ ഇവിടെ സംസാരം അവസാനിക്കുന്നവണ്ണ വഴി അതാണിവിടെ ആചാര്യൻ പറഞ്ഞ അവസാനിപ്പിച്ചത് ഹേതുഫലാവേശായ സംസാരത്തെ